ദൈവത്തിന് സ്തോത്രം നമ്മൾ പലപ്പോഴായിട്ട് പ്രത്യേകിച്ച് ഈ പ്രാശ്യലക്ഷന് ശേഷം നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയാറും കേൾക്കാറും ഒക്കെയുണ്ട് നമ്മൾ ഇങ്ങനെയൊരു വചനം ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ ഉണ്ട് ഇരമ്യാവ് പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ് അതിങ്ങനെയാണ് കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ വീണു പോകുന്നു എന്നാൽ യോർദാൻ്റെ വൻ കാട്ടിൽ നീ എന്ത് ചെയ്യും നീ നിർഭയനായിരിക്കുന്നു എന്നാണ് മലയാളത്തിൽ അതിൻ്റെ ശരിക്കുള്ള തർജമ നീ സമാധാനമുള്ള ദേശത്ത് തന്നെ നീ വീണ് പോകുന്നു അങ്ങനെയെങ്കിൽ നീ യോർദാൻ്റെ വൻ കാട്ടിൽ എന്നല്ല ശരിക്കും പറഞ്ഞാൽ യോർദാൻ്റെ വെള്ളപ്പൊക്കത്തിൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നാണ് അതിൻ്റെ ശരിക്കുള്ള വാക്യത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വലിയ പീഡനത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു സമാധാനപരമായ ജീവിത സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ വലിയ ഒരു പ്രശ്നങ്ങൾ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇന്ന് നമുക്ക് പരിചയമുള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് പെട്ടെന്ന് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളല്ല നമ്മുടെ ചെറിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുക യേശു ക്രിസ്തു എപ്പോഴും പറയുമായിരുന്നു പീസ് ജോയ് പീസ് ജോയ് അപ്പോസ്വലന്മാർ ലേഖനം എഴുതുമ്പോൾ പ്രത്യേകിച്ച് പൗലൂസ് പലപ്പോഴും ആവർത്തിച്ച രണ്ട് പ്രയോഗങ്ങളാണ് പീസ് ജോയ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നമ്മൾ അനുഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു ബാഹ്യമായ സന്തോഷമല്ല നമ്മുടെ ഉള്ളിൽ ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തൃപ്തി നമുക്കൊരു സ്വസ്ഥത നമുക്ക് ഒരു അങ്ങനെ അതിൽ നിന്ന് ഉയരുന്ന ഒരു സന്തോഷം അതിനെ വേണമെങ്കിൽ നമുക്ക് ജോയ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു ജോയും ഒരു പീസും അനുഭവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല സഹോദരങ്ങളും പല തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ വളരെ ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ ചില തോൽവികൾ സാമ്പത്തിക ക്ലേശങ്ങൾ ഇതൊക്കെ നമ്മൾ പലരും നമ്മൾ അനുഭവിക്കുന്നതാണ് എന്നാൽ അതിനപ്പുറത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മാറിയ സാഹചര്യത്തിൻ്റെ ആയി ബന്ധപ്പെട്ട് ചില പ്രത്യേക പീഡനത്തിൻ്റെ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾക്കൂടെ കടന്നു പോയാലും നമുക്ക് അന്ന് കുതിരകളോടുകൂടെ നമുക്ക് ഓടുവാനായിട്ട് കഴിയണം നമ്മുടെ കാലുകൾക്ക് ബലമുണ്ടാവണം അങ്ങനെയെങ്കിൽ നാം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാലാളുകളോടുകൂടെ ഓടുമ്പോൾ നമുക്ക് ഈ ഒരു സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്നിച്ച് നമുക്ക് ഈ സമാധാനവും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കുവാൻ ദൈവം നൽകുന്ന സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്കാവശ്യമായ ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് ചേർന്ന് ചിന്തിക്കാം ഒന്നാമതായി ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബഡി നമ്മളത് ഇത് ഒരു വളരെ വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി സമാധാനവും സ്വസ്ഥതയും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പല ആളുകളും നമ്മൾ പല കാര്യങ്ങൾ പ്രതീക്ഷിച്ചു അതുപോലെ നടന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചു ചെയ്തില്ല അപ്പോഴത്തേക്ക് എൻ്റെ സമാധാനം പോയി എൻ്റെ സന്തോഷം പോയി പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ പല എക്സ്പെക്ടേഷൻസ് നമ്മൾ വെച്ച് പുലർത്തുകയാണ് എൻ്റെ ആ ഒരു പ്രതീക്ഷ എൻ്റെ ഇതിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെ ചെയ്തില്ല അപ്പോൾ അത് നമ്മളെ ഒരു അസ്വസ്ഥതയിലേക്കും അസമാധാനത്തിലേക്കും നടക്കും നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ യോഹനൻ പതിമൂന്നാം അധ്യായം നമുക്ക് അവിടെയും അതും നമുക്ക് പരിചയമുള്ള ഒരു ഭാഗമാണ് അവിടെ ആ പ്രത്യേക സാഹചര്യം നാം ശ്രദ്ധിക്കുക യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ആ പ്രത്യേക സാഹചര്യം അവിടെ തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം ഒരു അവസാന ഭാഗത്ത് അവസാന സമയത്ത് വന്നപ്പോൾ അവിടെ ഇതാ അവനവിടെ പെസഹ പെരുന്നാളിന് മുമ്പേ അപ്പോൾ അവിടെ ഒരു അത്താഴം ആയ സമയത്ത് രണ്ടാം വാക്യം അവിടെ അവരൊന്നിച്ച് കൂടിയതും അവർ അവിടെ കൂടിയപ്പോൾ നമുക്കറിയാം ആ ഭാഗത്തെക്കുറിച്ച് നമുക്കറിയാം അവിടെ സാധാരണ ഈ കാലൊക്കെ കഴുകാനായിട്ട് പൊടി പിടിച്ച് വരുമ്പോൾ കാല് കഴുകാനായിട്ട് ഒരു സെർവെൻ്റ് അവിടെ ഉണ്ടാവും പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ സെർവൻ്റ് ഒന്നുമില്ല ആരും അങ്ങനെ കാല് കഴുകാനായിട്ട് അവർ ആരുമില്ല ആരുമില്ലാതിരിക്കുമ്പോൾ അപ്പോൾ യേശു അവിടെ നിൽക്കുകയാണ് യേശു അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ അവർ ചെന്നപ്പോൾ അവിടെ ആരും കാല് കഴുകാനോ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ആരുമില്ല അപ്പോൾ യേശുവിനവിടെ ഇത് ഈ കൂട്ടത്തിൽ ഈ ശിഷ്യന്മാരിൽ ആര് ആരിത് ചെയ്യും ആരാ ചെയ്യാൻ പോകുന്നത് യേശുവിനൊരു എക്സ്പെക്ടേഷൻ ഇല്ല ഒരു പ്രതീക്ഷയില്ല അവിടെ അവിടെ ആരെയും കണ്ടില്ല അതൊരാവശ്യമായിരുന്നു അപ്പോൾ യേശു അങ്ങ് ചെയ്തു അപ്പോൾ യേശുവിന് യേശു ഉടനെ നമ്മളവിടെ വായിക്കുന്നത് തൻ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അപ്പം അതിനുശേഷം അപ്പം ഈ ഒരു കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവരെ എത്രയെത്ര സ്നേഹിച്ച് അവരെ കരുതി അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് യേശു മുമ്പോട്ട് പോവുകയാണ് പക്ഷേ ഇതാ യേശുവിനറിയാം യേശുവിനെ ഒറ്റ കൊടുക്കാനായിട്ട് ഒരു യൂത അറ്റ്ലീസ്റ്റ് താൻ ഇത്രയും അവരെ സ്നേഹിച്ചിട്ട് അവരിൽ നിന്ന് ഒരു തിരിച്ച് സ്നേഹം യേശു പ്രതീക്ഷിക്കുന്നത് ന്യായമല്ലേ യേശുവിനെ ശിഷ്യൻ എൻ്റെ ആ ശിഷ്യൻ അവൻ തിരിച്ച് സ്നേഹിക്കണം പക്ഷേ ഇത് സ്നേഹിക്കുക മാത്രമല്ല യേശുവിനെ ഉപദ്രവിക്കാനും ഒറ്റ തയ്യാറായി നിൽക്കുന്ന ഒരു യൂത അപ്പോൾ അവിടെ എന്നിട്ട് എടുത്തു പറയുന്നു യേശു അവിടെ യാതൊന്നും പ്രതീക്ഷിച്ചില്ല യൂത എന്നെ സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ യേശു ഒരു കാര്യം ചെയ്തു അവൻ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവനെ സ്നേഹിച്ചു അവസാനത്തോളം അവനെ സ്നേഹിച്ചു അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇതാ കാല് കഴുകാനായിട്ട് ഒരാളില്ല ആളില്ലാത്തപ്പോഴും എന്നാ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് കഴുകട്ടെ എന്ന് യേശുവിന് പ്രതീക്ഷയില്ല യേശു ഉടനെ മൂന്നാം വാക്യത്തിൽ പറയുന്നു പിതാതെ സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുവർത്തുവാനും തുടങ്ങി അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മെ ഒത്തിരി വെല്ലുവിളിക്കുന്ന അവിടെ ന്യായമായും യേശുവിന് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ീ എന്നെ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ച ഈ ശിഷ്യർ അവരെന്നെ സ്നേഹിക്കണ്ടേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് ഒറ്റ കൊടുക്കാതിരിക്കണ്ടേ എന്നാൽ ഒറ്റക്കൊടുക്കുമെന്ന് അറിഞ്ഞിരിക്കെ കർത്താവ് അവനെ അവസാനത്തോളം കർത്താവ് സ്നേഹിച്ചു എന്ന് പറയുന്നു ആരും അവിടെ കഴുകാനും ആരും അവിടെ ശുശ്രൂഷിക്കാനില്ല ഓക്കെ ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ തന്നെ എന്നാൽ കഴുകട്ടെ ഇതൊരു എന്നെ വെല്ലുവിളിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്ക് നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒത്തിരി പ്രതീക്ഷയുള്ളത് എൻ്റെ ഭാര്യ എനിക്കിങ്ങനെ ചെയ്യണം എൻ്റെ ഭർത്താവ് എനിക്കെങ്ങനെ ചെയ്യണം എൻ്റെ മാതാപിതാക്കൾ എനിക്കിങ്ങനെ ചെയ്യണം കുഞ്ഞുങ്ങളിങ്ങനെ ചെയ്യണം സഹോദരി സൗഹന്മാർ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഈ പ്രത്യേക സാഹചര്യം അവർ മനസ്സിലാക്കണം അവരെന്നെ മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറണം നമുക്ക് എത്ര എത്ര എത്ര പ്രതീക്ഷകളും ഡിമാൻഡുകൾ നമുക്ക് ന്യായമായ ചില എക്സ്പെക്ടേഷൻസ് നമുക്ക് വേണം യേശുവിന് തൻ്റെ ശിഷ്യന്മാർ അവരെ ആത്മീയമായിട്ട് പുരോഗമി പുരോഗമിക്കണം എന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും അതൊരു ന്യായമായ എക്സ്പെക്റ്റേഷനാണ് മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ അവർ ആത്മീയമായിട്ട് വളരണം നല്ല രീതിയിൽ അവർ പുരോഗമി അവരുടെ ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ പുരോഗമിക്കണം എന്നുള്ള പ്രതീക്ഷ നല്ലതാണ് ഇപ്പം സഭയിൽ സൗരീ സൗരന്മാർ ആത്മീയമായിട്ട് വളരണം എന്നുള്ള പ്രതീക്ഷ എക്സ്പെക്ടേഷൻ അത് നല്ലതാണ് ഞാൻ അങ്ങനെയുള്ള എക്സ്പെക്ടേഷനെ കുറിച്ച് അല്ല ഞാൻ സംസാരിക്കുന്നു വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഇന്നയാൾ ഇങ്ങനെ പെരുമാറണം ഇന്നയാൾ ഈ രീതിയിൽ എന്നോട് മനസ്സിലാക്കി എന്നോട് ഇങ്ങനെ പെരുമാറണം ഈ തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ അതായിരുന്നു നമ്മളിവിടെ കാണുന്നത് യേശു അതിൽ നിന്ന് പൂർണ്ണമായിട്ടും യേശു പൂർണ്ണമായിട്ടും ആ കാര്യത്തിൽ യേശു സ്വതന്ത്രനായിരുന്നു ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്നോട് പെരുമാറാം എന്നാലും ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട് മുഖത്ത് തുപ്പുമ്പോഴും ക്രൂശിയിൽ കിടക്കുമ്പോഴും അവിടെ എനിക്ക് അവർ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ദൈവം എന്നെ എന്നെ സ്വർഗത്തിൽ നിന്ന് അയച്ചു ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുന്നു ഞാനൊരു പദ്ധതിയുമായിട്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നത് എനിക്ക് അവിടെ ക്ഷമിക്കാൻ എനിക്ക് ഈ പ്രതീക്ഷ വേണ്ട ഇതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ഞാനപ്പം യേശുവിനെ മാത്രമല്ല നമുക്ക് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ ഈ ഒരു താഴ്മയെക്കുറിച്ചൊക്കെ വായിക്കുന്ന ഭാഗം നമുക്ക് വളരെ പരിചയമാണ് പരിചിതമാണ് എന്നാൽ ഈ ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിൽ തന്നെ യേശുവിൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് താഴ്മയെക്കുറിച്ച് യേശു എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയത് എന്ന് പറഞ്ഞ ശേഷം അവിടെ ഒന്ന് രണ്ട് സഹോദരന്മാരെക്കുറിച്ച് അവിടെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായം അവിടെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് രണ്ടാം അദ്ധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്നുള്ളി എന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം എന്ന് പറഞ്ഞ് പൗലോസ് യേശുവിൻ്റെ താഴ്മയെക്കുറിച്ച് വിവരിക്കുന്നു യേശു എങ്ങനെയാണ് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എങ്ങനെയാണ് തന്നെ താൻ ദാസരൂപം എടുത്ത് താഴേക്ക് വന്നത് അതുകൊണ്ട് ദൈവം ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗമായത്തേക്ക് വരുമ്പോൾ തിമത്യോസിനെക്കുറിച്ചും എപ്പ ഫ്രോതിത്തോസിനെക്കുറിച്ചും രണ്ട് പേരെക്കുറിച്ച് പറയുന്നു അപ്പോൾ രണ്ടുപേരെക്കുറിച്ച് പറയുമ്പോഴും അവിടെയും അവരുടെ ഈ ഒരു മനോഭാവത്തെയാണ് യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ഐ മീൻ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ അവിടെ ഇപ്പം ആദ്യം തിമത്യോസിനെക്കുറിച്ച് പറയുമ്പോൾ തീമുത്തി ദോസിനെക്കുറിച്ച് പറയുന്നു ഇരുപതാം വാക്യം നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരും ഇല്ല യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു അവനോ മകൻ അപ്പന് ചെയ്യുന്നത് എന്നോട് കൂടെ സുവിശേഷഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ പൗലോസ് ചുറ്റിനു നോക്കി ആളുകളൊക്കെ പലതരത്തിലുള്ള സ്വാർത്ഥ പരമായ കാര്യങ്ങളിൽ മുഴുകി അങ്ങനെ പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു തിമത്യൂസ് അവൻ അവന് സ്വന്ത കാര്യത്തിനേക്കാട്ടിലും അവന് നിങ്ങളെ കരുതുവാൻ അവനൊരു മനസ്സുണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവനൊരു മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ ഞാൻ ഇനി നിങ്ങളുടെ അടുക്കിലേക്ക് വിടാൻ പോവുകയാണ് എന്ന് തിമത്യോസിനെക്കുറിച്ച് പറയുന്നു തിമത്യോസ് ഇതാ താൻ ഒന്നും പ്രതീക്ഷിക്കാതെ താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാണ് മറ്റുള്ളവരെ കരുതുന്നവനാണ് തൻ്റെ സ്വന്തം കാര്യമല്ല അവൻ അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് തിമോത്യോസ് അവനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വിടാൻ പോവുകയാണ് എന്ന് തിമോത്യോസിനെ കുറിച്ച് പറയും അതുകഴിഞ്ഞ് എപ്പ്രോതി എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് പറയും എപ്പ എപ്പ്സിനെ കുറിച്ച് എന്താ പറയുന്നത് ഇരുപത്തി അഞ്ചാം വാക്യം എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പൊതിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി അപ്പോൾ തിമത്യോസിനെ മാത്രമല്ല എനിക്ക് എഫത്യോസ് എപ്പ് ഫ്രോതിത്തോസിനെയും നിങ്ങളുടെ അയ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്നെനിക്ക് തോന്നി അപ്പോൾ അവനും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാ വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എഫ് എഫ് റോദിത്തോസിന് അവന് അസുഖമായിരുന്നു അവൻ അസുഖമായിരുന്നപ്പോൾ നമ്മളെപ്പോഴും നമ്മളിൽ തന്നെ കറങ്ങുന്നവരാണ് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവരും നമ്മളുടെ കാര്യം ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നവരും നമ്മളുടെ കാര്യങ്ങളിൽ വളരെ പ്രതീക്ഷയോടെ എൻ്റെ ഈ പ്രശ്നം എൻ്റെ ഈ കാര്യം എന്നെ ആളുകൾ സന്ദർശിക്കണം എന്നെ വന്ന് ആശ്വസിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് എന്നാലിവിടെ എഫ് എഫ് അവൻ പറയുന്നത് അവന് തൻ്റെ ദീനത്തെക്കുറിച്ച് എൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് അവൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു അപ്പോൾ പക്ഷേ അവൻ ദീനമായി കിടന്നു എന്നുള്ളത് ഇരുപത്തിയാറാം വാക്യം അത് നിങ്ങൾ കേട്ടു അത് എഫ്രോത്തോസിന് സുഖമില്ല എന്നുള്ളത് നിങ്ങൾ കേട്ടതുകൊണ്ട് അവന് ഇച്ചിരി പ്രയാസം അവന് അവനൊരു വ്യസനമാണ് കാര്യം അത് മറ്റുള്ളവർ അറിഞ്ഞ് മറ്റുള്ളവർക്ക് അതൊരു പ്രയാസം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർ ഇനിയും ഒരുപക്ഷെ എന്നെ വന്ന് കാണാനായിട്ടും അവർ ബുദ്ധിമുട്ടുണ്ട് തൻ്റെ പ്രയാസം തൻ്റെ അസുഖം അത് മറ്റുള്ളവർ അറിയണമെന്നല്ല അവൻ ആഗ്രഹം മറ്റുള്ളവർ അവനൊക്കെ അതൊരു അവൻ്റെ കാര്യത്തെ അവൻ നിസ്സാരമായി കാണുന്നു അവൻ്റെ കാര്യം വലുതല്ല എന്ന് കാണുന്നു അവനും എന്നിട്ട് അതിനടുത്ത് അവൻ്റെ അടുത്ത് ഇരുപത്തി വാക്യത്തിൽ പറയുന്നത് അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും എന്നിട്ട് നേരത്തെ ഞാൻ തിമത്തോസിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഞാൻ എഫ് ഫ്രാജിത്തോസിനെക്കുറിച്ച് പറഞ്ഞു ഇവർ രണ്ടുപേരും ഈ യേശുവിൻ്റെ ഈ മനോഭാവമുള്ളവരാണ് അവർ തങ്ങളെക്കുറിച്ച് തന്നെ ഈ ചിന്തിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് കറങ്ങുന്നവരല്ല അവരെ അവരെ അവർക്കൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നവരല്ല അവർ മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളെ തന്നെ കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുവാൻ ഞാനും ഈ വാക്യങ്ങൾ കണ്ടപ്പോൾ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ഈ ഒരു മനോഭാവം ഇതാണല്ലോ എപ്പോഴും എന്നിൽ തന്നെ കേന്ദ്രീകരിച്ച് വളരെ എക്സ്പെക്റ്റേഷൻസും പ്രതീക്ഷകളുമായിട്ട് എന്നെ വന്ന് കാണണം എന്നെ വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ എനിക്ക് ഞാൻ എൻ്റെ കാര്യം എൻ്റെ പ്രശ്നം എന്നുള്ള ഒരു സ്വാർത്ഥതയിൽ കറങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തിനപ്പുറത്ത് കർത്താവെ എനിക്ക് ആ രീതിയിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് ഈ യേശുവിൻ്റെ ഈ ഒരു മനോഭാവം ഒന്നും ആരും ഞാൻ പ്രതീക്ഷിക്കാത്തതുപോലെ ചെയ്യുമ്പോഴും അതിൻ്റെ മധ്യത്തിലും ഞാൻ ചെയ്യേണ്ടത് ചെയ്യാൻ കർത്താവ് എന്നെ സഹായിക്കണമേ അങ്ങനെയുള്ള ഈ തിമത്യോസിൻ്റെ മനോഭാവം ഈ എഫ്രോതോസിൻ്റെ മനോഭാവം അത് എനിക്ക് നൽകണമേ നമുക്ക് നൽകണമേ ഇത് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ഒത്തിരി അസമാധാനത്തിൽ നിന്നും അസന്തോഷത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ എത്ര ഏതൊക്കെ അസന്തോഷവും അസമാധാനത്തിൻ്റെയും ഒക്കെ പുറകിലേക്ക് നമ്മളൊന്ന് ചികഞ്ഞു നോക്കിയാൽ ഇതൊക്കെയാണ് നമുക്ക് നമ്മിൽ കേന്ദ്രീകരിച്ച പല പ്രശ്നങ്ങളാണ് നമ്മുടെ അസമാധാനത്തിന് കാരണം ആ പ്രതീക്ഷകൾ നമുക്ക് കൈവിടുന്നുവെങ്കിൽ നമുക്ക് അതൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനുള്ള ഒരു വഴിയാണ് രണ്ടാമതായിട്ട് നമുക്ക് അതും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് ഒരു സാഹചര്യത്തിലും മുറിപ്പെടാതിരിക്കുക ഒരു സാഹചര്യത്തിലും മുറിപ്പെടാതിരിക്കുക ഡു നോട്ട് ഗെറ്റ് ഒഫെൻഡ് ഇൻ എനി സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ മർക്കോസിൻ്റെ നമ്മളെ യൂതായെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് പതിനാലാം അധ്യായത്തിൽ മർക്കോസ് പതിനാലാം അധ്യായത്തിൽ അവിടെ ബഥാനിയിൽ കുഷ്ഠരോഗിയായ മൂന്നാം വാക്യം ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെൺകൽഭരണി വിലയേറിയ വെൺ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛതയുടെ മാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു എന്നുള്ള ഭാഗം നമ്മൾ വായിക്കുന്നു ഈ ഭാഗം നമ്മളെ ദൈവവചനത്തിൽ പലയിടങ്ങളിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളുണ്ട് ഇത് രണ്ട് സംഭവങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് ഇത് മൂന്ന് ഇങ്ങനെയുള്ള മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ലൂക്കോസ് ഏഴിൽ പരാമർശിക്കുന്നത് ഒരു കാര്യം അത് കഴിഞ്ഞ് മത്തായി ഇരുപത്തിയാറിലും മർക്കോസ് പതിനാലിലും പറയുന്നത് ഒരു കാര്യം യോഹൻ ഞാൻ പന്ത്രണ്ടിൽ മറിയ ലാസ്റിൻ്റെയൊക്കെ വീട്ടിൽ വെച്ച് സംഭവിച്ചത് മറ്റൊരു കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇപ്പം എന്താണെങ്കിലും നമുക്ക് ഈ മർക്കോസ് പതിനാലാം അധ്യായത്തിൽ ഞാനിതിനെ ഒരു മൂന്ന് സംഭവങ്ങളായിട്ട് കാണാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ മർക്കോസ് പതിനാലാം അദ്ധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആയിരുന്നു എന്നുള്ള ഒരു ഭാഗം നമ്മളവിടെ വായിക്കുന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്തിൽ പിടിച്ച് കൊല്ലേണ്ടതിന് എങ്ങനെയെന്ന് അന്വേഷിച്ചു അപ്പോൾ ഇത് പെസഹയ്ക്ക് രണ്ട് ദിവസം മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ എന്നിട്ട് ഇത് പരണി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നാലാം വാക്യത്തിൽ പറയുന്നത് അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന് ഇത് മുന്നൂറിലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫൽസിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നു അപ്പം ഇത് ആരായിരുന്നു ഇങ്ങനെ നീരസപ്പെട്ടത് ഇതാരായിരുന്നു എന്ന് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഇതിന് തൊട്ടു മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പന്ത്രണ്ടാം അധ്യായം യോഹനൻ പന്ത്രണ്ടാം അധ്യായം യോഹനൻ പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ഥ ബെധാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പ് വന്നു എന്ന് അവിടെ നമ്മൾ കാണുന്നു അപ്പോൾ ഇത് പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പ് നടന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പ് നേരത്തെ നമ്മൾ മർക്കോസ് പതിനാലിൽ വായിച്ചത് പെസഹയ്ക്ക് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഇവിടെ ലാസർ പന്തിയിലിരുന്ന ലാസറിൻ്റെയും മറിയയുടെയും വാർത്തയുടെയും വീട്ടിൽ അപ്പോൾ ഇവിടെ മറിയ സ്വച്ഛജമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി അപ്പോൾ വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞു അപ്പൊ നിറഞ്ഞപ്പോ അവിടെ വ്യക്തമായിട്ട് പറയുന്നു നാലാം വാക്യത്തിൽ എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂത ഐസ്കര്യത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഇവിടെ യോഹനാൻ ആ കാര്യം പറയുന്നത് ഇത് യൂത ഐസ്കര്യത്താവാണ് പറഞ്ഞത് ഇത് മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു കൃത്യമായിട്ട് പറയും അപ്പോൾ അപ്പോൾ ഇതെന്തിനാണ് യൂത ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത് അപ്പോൾ യൂതായെ സംബന്ധിച്ചോളം യൂതായിക്ക് ഈ കാര്യത്തിലൊന്നും ആയിരുന്നില്ല വിചാരം യൂതായിക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ അപ്പോൾ പൈസ കാൽക്കുലേറ്റ് ചെയ്തു ഇത് മുന്നൂറ് വെള്ളിക്കാശിന് വെറ്റ് എന്നാൽ മുന്നൂറ് വെള്ളിക്കാശ് കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് എടുക്കാനായിട്ട് പറ്റും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ ഞാനിത് രണ്ട് ഇൻസിഡൻറ്റായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ പന്ത്രണ്ടാം അധ്യായം കഴിഞ്ഞ് ഇത് ആറ് ദിവസം മുമ്പ് സംഭവിച്ച കാര്യം ആറ് ദിവസം മുമ്പേ സംഭവിച്ചിട്ട് ഇപ്പോൾ മർക്കോസ് പതിനാലിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹായിയുടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാകുന്നു അപ്പോൾ അവിടെ ഇത് ബഥാനിയിൽ തന്നെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിലാണ് അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൂ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല മറിയ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ വന്നു അപ്പോൾ അവിടെ ആരാണ് ഈ വെറും ചെലവ് എന്തിന് എന്ന് പറഞ്ഞത് അത് ഒരാളായിട്ടല്ല പറയുന്നത് അവിടെ ചിലർ അപ്പോൾ നേരത്തെ യൂതയായിരുന്നു അപ്പോൾ ഇപ്പോൾ യൂത കുറച്ച് ആൾക്കാരെയും കൂടെ സ്വാധീനിച്ചു അപ്പോൾ ഈ നാല് ദിവസത്തിനുള്ളിൽ യുവത കുറച്ച് പേരെയും കൂടെ സ്വാധീനിച്ചു കുറച്ച് പേരെയും കൂടെ സ്വാധീനിച്ച് പറയുന്നു അപ്പോൾ യുവത ഇപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ വില കണക്കൂട്ടി ഇപ്പോൾ നേരത്തെ മുന്നൂറായിരുന്നു ഇപ്പോൾ മുന്നൂറിലധികം വിലക്ക് ഇതുണ്ട് നേരത്തെ മുന്നൂറ് കൊണ്ട് കളഞ്ഞു ഇപ്പോൾ മുന്നൂറിലധികം വിലയുള്ള ഇത് കൊണ്ട് കളയാനായിട്ട് പോകുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ഇതാ നേരത്തെയും കർത്താവ് പറഞ്ഞു ഇത് യേശു അവളെ വിടുക ഏഴാം വാക്യം പന്ത്രണ്ടിൻ്റെ യോഗം പന്ത്രണ്ടിൻ്റെ ഏഴിൽ പറഞ്ഞു യേശുവോ അവളെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് നേരത്തെ മറിയ ചെയ്ത ആ കാര്യത്തെക്കുറിച്ച് യേശു പറഞ്ഞ് അപ്പത്തന്നെ യൂതയെ ഒന്ന് തിരുത്തിയതാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ യൂത കുറച്ച് ആൾക്കാരെയും കൂടെ കൂട്ടി അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു ഇൻസിഡൻറ്റിൽ ഇങ്ങനെ പറയുമ്പോൾ യേശു വീണ്ടും അവനെ ശാസിക്കുന്നു ആറാം വാക്യം എന്നാൽ യേശു ഇവളെ വിടുവിൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും യേശു ആ കാര്യത്തെ അവിടെ ഒരു പൊതുവായി പബ്ലിക്കായിട്ട് യൂതായ തിരുത്തി ഈ സ്ത്രീയെ അംഗീകരിച്ചു അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുടനെ നമ്മൾ പത്താം വാക്യത്തിൽ എന്താ വായിക്കുന്നത് പിന്നെ പന്തിരൂരിൽ ഉരുത്തനായി ഇസ്കരിയുത്തവായ യൂത അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു അപ്പോൾ പെട്ടെന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ യൂത പോയതിൻ്റെ പുറകിലുള്ള ആ ചേതോ എന്തായിരുന്നു യൂതയെ ഒന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തിരുത്തി യൂത മുറിപ്പെട്ടു യൂത ഓഫൻറ്റഡായി യൂത ഒരു തരം മത്സരത്തിലേക്ക് വന്നു താൻ മുറിപ്പെട്ടു മുറിപ്പെട്ട് കഴിഞ്ഞ് പിശാജ് അവൻ്റെ ഉള്ളിലേക്ക് കയറി എന്ന് നാം മറ്റു ചിലയിടത്ത് വായിക്കുന്നു നമ്മൾ ഈ മുറിപ്പെടുന്ന സ്വഭാവം ഇത് വളരെ ഗൗരവമായ ഒരു രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മറ്റെന്ത് വീട്ടിലെ സാഹചര്യങ്ങൾ ഓരോ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ മുറിപ്പെട്ട് പോകുന്നവരാണ് നേരത്തെ നമ്മൾ വച്ചിരുന്നത് പോലെ ചില പ്രതീക്ഷകൾ നമ്മൾ വെക്കും ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറരുത് ആ വ്യക്തി അതിൻ്റെ തുടർച്ചയായ വണ്ണം നമ്മൾ പലപ്പോഴും നമ്മൾ മുറിപ്പെട്ടു പോകും വീട്ടിലെ സാഹചര്യത്തിൽ മുറിപ്പെടുന്നു സഭയുടെ സാഹചര്യത്തിൽ മുറിപ്പെടുന്നു ജോലിസ്ഥലത്ത് മുറിപ്പെടുന്നു മുറിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പിശാദിനൊരു ഇടമുണ്ടാകുന്നു നമ്മുടെ സന്തോഷമില്ല സമാധാനമില്ല അസ്വസ്ഥമായ മനസ്സിന് ഇട ഒരു ഇടം കൊടുത്ത് പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യ പ്രകാരവും നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നവരായി മാറും അപ്പം നമ്മെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ മുറിപ്പെടാതെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ പത്രോസിനെ നോക്കുക ഇതിലും ശക്തമായിട്ടാണ് പത്രോസിനെ യേശു ശാസിച്ചത് നമ്മൾ മർക്കോസിൽ തന്നെ എട്ടാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പൊതുവായിട്ട് മർക്കോസിനെ ശാസിച്ചപ്പോ യേശു പറഞ്ഞു സാത്താനെ നീ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് സാത്താനെ എന്ന് വിളിച്ച് ശാസിച്ചതാണ് പക്ഷേ ഈ യൂതയുടെ മനോഭാവം ആയിരുന്നില്ല പത്രോസിന് എന്നെ തിരുത്തി കർത്താവ് എന്നെ ശാസിച്ചു അത് സാരമില്ല കർത്താവ് എന്തിനാ ശാസിച്ചത് എന്ന് പിന്നീട് പത്രോസിന് ഒരു വെളിപ്പാട് കിട്ടിയത് എന്താണെന്ന് അറിയാമോ നമ്മൾ യോഹന്നാൻ ആറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് യേശു ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും അവനെ വിട്ടുപോയി എല്ലാവരും അവനെ വിട്ടുപോയപ്പോൾ യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത് പത്രോസ് പറഞ്ഞു കർത്താവെ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടാണ് കർത്താവെ പോവുക നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട് നിത്യജീവന്റെ മൊഴികൾ അപ്പോൾ എന്താ ഈ നിത്യജീവൻ്റെ മൊഴികൾ ഈ ക്രൂസ്റ്റിൻ്റെ വചനം എന്നെ തിരുത്തുന്ന ഈ വചനം എന്നെ ശാസിക്കുന്ന ഈ വചനം അതിലൂടെ എനിക്ക് നിത്യജീവൻ്റെ ഒരു വഴിയുണ്ട് അത് നിത്യജീവൻ്റെ വചനമാണ് എന്ന് പത്രോസിന് കണ്ടെത്താനായിട്ട് പറ്റി അത് തൻ്റെ ജീവിതത്തിലുള്ള കുറവുകളുടെ മധ്യത്തിലും പരാജയങ്ങളുടെ മധ്യത്തിലും അവന് തിരിച്ചു വന്ന് ഒരു വഴിയിലേക്ക് പോകുവാനായിട്ട് പത്രോസിന് ഒരു ഇടം കണ്ടെത്തി പക്ഷേ ഇതാ താൻ മുറിപ്പെട്ടു പോയി യൂതായിക്കോ യൂതായിക്കോ തൻ്റെ ജീവിതം തന്നെ നിത്യജീവൻ തനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് നമുക്ക് മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് രണ്ടാമതായിട്ട് മുറിപ്പെടാത്ത മുറിപ്പെടാതിരിക്കുക മൂന്നാമതായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വ്യക്തികളെക്കുറിച്ചും നന്ദിയുള്ള ഹൃദയം സൂക്ഷിക്കുക ബി താങ്ക്ഫുൾ ഫോർ ഓൾ ദാറ്റ് വി റിസീവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാറ്റിനും നമ്മെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ എല്ലാറ്റിനും നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുമോ കൊലോസി ലേഖനം ദൈവഭജനത്തിൽ പലയിടങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൊലോസി മൂന്നാം അധ്യായം അവിടെ പന്ത്രണ്ട് മു മുതലുള്ള വാക്യങ്ങൾ അവിടെ ക്രിസ്തീയ ഗുണവിശേഷങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു നിങ്ങൾ മനസ്സിലുള്ളവരായിരിക്കണം ദയ താഴ്മ ദീർഘക്ഷമ നിങ്ങൾ പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം പതിനഞ്ചാം വാക്യം നിങ്ങൾ ക്ഷമിക്കണം എന്ന് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ സ്നേഹിക്കണമെന്ന് പറയുന്നു സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന് പറയുന്നു എന്നിട്ട് എൻ്റെ ഏറ്റവും അവസാനം പറയുന്നു നന്ദിയുള്ളവരായാലും ഇരിക്കുവാൻ നന്ദിയുള്ളവരായും ഇരിക്കുവാൻ നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് പലപ്പോഴും എനിക്കെന്ത് ചെയ്തില്ല എനിക്കെന്ത് കിട്ടിയില്ല എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത് എന്നാൽ നമുക്ക് ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ച് ഒരു നന്ദിയുള്ള ഹൃദയം ആത്മീയ സഹോദരന്മാരെക്കുറിച്ച് നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദൈവവചനമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചല്ലോ ആ ദൈവവചനത്തിന് സാക്ഷിയായിട്ട് ജീവിക്കുന്ന ചില ദൈവഭക്തരായ സഹോദരന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചല്ലോ നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവത്തോട് മാത്രമല്ല ഈ ദൈവമനുഷ്യരോടും നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടും നമുക്ക് അന്യോന്യം നമ്മുടെ ജീവിത പങ്കാളികളോടും ഒക്കെ ഒരു നന്ദിയുള്ള ഹൃദയം പലപ്പോഴും അതിന് പകരം നമുക്ക് പരാതിയാണ് പെറുപെറുപ്പാണ് എന്താ ചെയ്യാത്തത് എന്നുള്ള ഡിമാൻഡുകളാണ് എന്നാലൊരു നന്ദിയുള്ള ഹൃദയം നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് എത്ര എത്ര നമ്മെ സ്വതന്ത്രരാക്കും നമുക്ക് ഒത്തിരി ഡിമാൻഡുകളും കംപ്ലൈൻറ്റുകളുമൊക്കെ നമ്മെ വിട്ട് നീങ്ങിപ്പോകും നമ്മൾ തിമത്യോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ രണ്ട് തിമത്യോസിലും അവസാന കാലത്തേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മൂന്നാം അധ്യായം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് അന്ന് അവസാന കാലത്ത് അന്ത്യകാലത്ത് ദുർഘ ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക എന്ന് പറഞ്ഞിട്ട് അവിടെ ദുർഘട സമയങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ആദ്യം പറയുന്നത് അവിടെ പറയുന്ന മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും നന്ദി കെട്ടവർ നമ്മൾ കൊലോസിലേ ഇങ്ങനത്താലും വായിച്ചു നന്ദിയുള്ളവരായിരിക്കുക ഇവിടെ വായിച്ചു അവസാന കാലത്ത് പലരും നന്ദി കെട്ടവരായിട്ട് മാറും നമുക്ക് നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ കഴിയുകയാണെങ്കിൽ നമുക്കത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പലപ്പോഴും നമുക്കങ്ങനെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ പ്രായമായിരിക്കുന്നു പ്രായമായിരിക്കുന്ന മാതാപിതാക്കളെയും അവരുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഒരുപക്ഷെ പിടിക്കുന്നില്ല എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കൊച്ചിലെ നമ്മുടെ ചെറുതായിരുന്നപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്രയെത്ര കാര്യങ്ങൾ എത്രയെത്ര നന്മകൾ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് നന്ദിയോടെ നമുക്ക് ഓർക്കാനായിട്ട് പറ്റും നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുമ്പോൾ നമ്മുടെ സൗരസ്വന്മാരെ ഓർക്കുമ്പോൾ എത്രയത്ര സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവർ നമുക്ക് കാവലായിരുന്നു പരിചയമായിരുന്നു അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം എത്ര എത്രത്തോളം നമ്മെ സഹായിച്ചു നമുക്ക് ലഭിച്ച ദൈവ വചനം നമുക്ക് ലഭിച്ച സഭ നമ്മൾ ഇതിനൊക്കെ നമ്മൾ പലപ്പോഴും നന്ദിയുള്ളൊരു ഹൃദയത്തിന് പകരം നമുക്ക് ഒത്തിരിയും എക്സ്പെക്റ്റേഷൻസും ഡിമാൻഡ്സും കംപ്ലൈൻസും നിറഞ്ഞ ഒരു ഹൃദയമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത് നമുക്ക് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നമുക്ക് പറയാം കർത്താവ് എനിക്ക് നന്ദിയുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ നാലാമതായിട്ട് ദൈവത്തോടും മനുഷ്യരോടും സെറ്റ് മാറ്റേഴ്സ് റൈറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ദൈവത്തോടും മനുഷ്യരോടും ക്രമപ്പെടുത്തുക നമുക്ക് നമ്മുടെ സമാധാനവും സ്വസ്ഥതയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് അൺസെറ്റിൽഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു ദൈവത്തോട് രഹസ്യമായിട്ട് ദൈവത്തോട് ചെയ്ത തെറ്റായിരിക്കാം ആ തെറ്റ് അത് ക്രമപ്പെടുത്തിയിട്ടില്ല അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമചോദിച്ച് നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല അതിപ്പോഴും അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മുടെ വാക്കുകളിൽ നമ്മുടെ മനോഭാവങ്ങളിൽ പ്രവൃത്തിയിൽ നമ്മൾ തെറ്റിപ്പോയി പക്ഷേ അത് നിരപ്പ് പ്രാപിച്ചിട്ടില്ല അത് ക്രമപ്പെടുത്തിയിട്ടില്ല അത് ക്രമപ്പെടുത്താതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അസമാധാനമാണ് അസ്വസ്ഥതയാണ് നമുക്ക് ദൈവം സമാധാനവും സ്വസ്ഥതയും നമുക്കുണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളെ അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് എനിക്ക് അങ്ങയോടും മനുഷ്യരോടും ഒരു സുതാര്യമായ നല്ല ഒരു ബന്ധം എനിക്ക് ആവശ്യമാണ് അതിന് തടസ്സമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എനിക്ക് അങ്ങ് വെളിച്ചം തരുന്ന കാര്യങ്ങളെ അത് എത്രയും പെട്ടെന്ന് ക്രമപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് യേശു ക്രിസ്തു വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളത് മത്തായി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മറ്റായി അഞ്ചാം അധ്യായം അവിടെ കോപത്തിൻ്റെ കോൺക്സ്റ്റിൽ കർത്താവ് പറയുന്നത് മറ്റൊരു സഹോദരനോട് ഇരുപത്തിരണ്ട് കോപിച്ചു അത് അവനെ നിസ്സാര എന്ന് പറഞ്ഞു അത് അവനെ ഇങ്ങനെ ആ കോപം അങ്ങോട്ട് കൂടിക്കൂടി വരികയാണ് ആദ്യം അവനോട് കോപിച്ചു അത് അവനെ ചില വാക്കുകൾ പറഞ്ഞ് അവനെ അവനെ വളരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു അത് അതിലും മോശമായി അവനെ പ്രാഗി അവനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു അപ്പോഴത്തേക്ക് ഈ കോപത്തിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് കൂടി അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അഗ്നിതരകത്തിന് യോഗ്യനാകേണ്ടി വരും എന്നാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് അപ്പൊ എന്നിട്ട് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നു ആകിയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക അപ്പോൾ എത്രയോ ഒരു തിടുക്കം കർത്താവ് അവിടെ പറയുന്നു കാണിക്കുന്നു എത്രയും പെട്ടെന്ന് നിനക്ക് ഈ ഒരു നീ ക്ഷമിക്കാതെ അല്ലെങ്കിൽ നീ ക്ഷമ ചോദിക്കാതെ നീ ഹൃദയത്തിൽ ആ വ്യക്തിയുമായിട്ട് നീ ഒരു കയ്പ്പും ഈ അകൽച്ചയും വെച്ചുകൊണ്ട് നീ ഇരിക്കുകയാണോ നിനക്ക് ഞാനുമായിട്ടുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നു സമാധാനം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നു നിനക്ക് നഷ്ടപ്പെട്ടു ദൈവം നൽകുന്ന ആ സന്തോഷവും സമാധാനവും നിനക്ക് നഷ്ടപ്പെട്ടു നീ എത്രയും പെട്ടെന്ന് നീ നിനത്തിനെ താഴ്ത്തി നീ നിരപ്പ് പ്രാപിക്കുക നീ പോയി ക്ഷമ ചോദിക്കുക നമ്മൾ എഫ് ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെയും പരസ്പര ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് എഫ് എസ് നാലാം അധ്യായത്തിൽ അവിടെയും കോപത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അന്നൊക്കെ കരണ്ട് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കിടക്കുന്നതിന് മുമ്പ് സന്ധ്യാവുന്നതിന് മുമ്പ് കാര്യങ്ങളെ ക്രമപ്പെടുത്തണം നമ്മൾ സന്ധ്യയാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ക്രമപ്പെടുത്തി നമ്മൾ അവിടെ ഇരുപത്താറാം വാക്യത്തിലാണ് കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുകയും സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപം വെച്ചു കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിശാചിന് ഇടം കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഈ തരത്തിൽ അൺസെറ്റിൽഡായിട്ട് നമ്മൾ ദൈവത്തോടോ മനുഷ്യരോടോ നമ്മൾ അൺസെറ്റിൽഡായിട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ നമ്മൾ വച്ചിരിക്കുമ്പോൾ അവിടെ പിശാചിന് ഒരിടം നമ്മൾ കൊടുക്കുകയാണ് പിശാജ് നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷവും സമാധാനവും എടുത്തു കളയുകയാണ് അപ്പോൾ നമുക്ക് ഒരു താഴ്മയോടെ ആവശ്യബോധത്തോടെ ദൈവത്തിനെ അടുക്കിലേക്ക് ചെന്ന് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് അത് ഏത് മേഖലയിലാണെങ്കിലും കർത്താവെ എന്നെ സഹായിക്കണമേ ഞാൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ക്രമപ്പെടുത്തി ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് നമുക്ക് പറയാം നമുക്ക് ആഗ്രഹിക്കാം അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ചിന്തകൾക്ക് ഞാൻ വിരാമം വിടട്ടെ അവസാനമായിട്ട് ഇവിടെ നമ്മൾ ഫിലിപ്പി ലേഖനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലേഖനമാണ് പ്രത്യേകിച്ച് അതിൻ്റെ കാരണം ഫിലിപ്പി ലേഖനം പൗലൂസ് ഒരു കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതിയത് ഫിലിപ്പി ലേഖന ഈ കാരാഗ്രഹത്തിൽ നിന്ന് എഴുതുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള നമ്മൾ നേരത്തെയും ഇവിടെ കേട്ടിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ വളരെ വളരെ പ്രയാസമുള്ള ഒരു ജയിലിൽ ആണ് ആയിരുന്നത് അന്ന് ക്ഷുദ്രജീവികളും എലിയുമൊക്കെ കടിച്ച് പറിക്കുന്ന അങ്ങനെയുള്ളൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറയുന്നത് കേട്ടു അമേരിക്കയിൽ പോയി ട്രംപിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണവും കഴിച്ച് അവിടെ കിടക്കണമെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു കള്ള ഡോളറും കൂടെ കയ്യിൽ വെച്ചാൽ മതിയെന്നവർ അദ്ദേഹം പറഞ്ഞത് അവിടെ ജയിലിൽ കിടന്നാൽ ഫ്രീ ഭക്ഷണം കിട്ടും അമേരിക്കയിൽ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ഒരു പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറിയാതെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഒരു കള്ളനോട്ടോ മറ്റോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അതിനെ പരാമർശിച്ച് അത് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു അവിടെ ഫ്രീ ഫുഡും കിട്ടി അവിടെ ഇപ്പോഴത്തെ ജയിലൊക്കെ വളരെ സൗകര്യങ്ങൾ നിറഞ്ഞ ജയിലാണ് പക്ഷെ അന്ന് ഈ ഫിലിപ്പയിലൊക്കെ ജയിലെന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായ ജയിലിൻ്റെ അന്തരീക്ഷത്തിൽ അവസ്ഥയിൽ കിടന്ന ഈ പൗലൂസ് അവിടെ കിടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ രണ്ടാമധ്യായത്തിൽ അവിടെ പറയുന്നത് താൻ ആരോടും ഒന്നും പ്രതീക്ഷിക്കാതെ യേശുവിൻ്റെ താഴ്മയെക്കുറിച്ച് പറയുന്നു തിമത്യോസിനെക്കുറിച്ച് പറയുന്നു എഫ് പ്രദോസിനെക്കുറിച്ച് പറയുന്നു എന്നിട്ടിത് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാലാം അധ്യായത്തിൽ ആണ് നമുക്ക് പറയുന്നത് കർത്താവിലെപ്പോഴും സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു കർത്താവിലെപ്പോഴും സന്തോഷിക്കുവിൻ സന്തോഷിക്കുവാൻ എപ്പോഴും ഈ ജയിലിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും എന്ന് പൗലോസ് പറയുക നമുക്ക് പിശാജ് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമ്മുടെ സമാധാനത്തെയും നമ്മുടെ സന്തോഷത്തെയും ഇങ്ങനെ മോഷ്ടിച്ച് അവൻ അവൻ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ് പിശാജ് വരുന്നത് ഞാനോ നിങ്ങൾക്ക് ജീവനെ നൽകുവാൻ സമൃദ്ധിയായ ജീവനെ നൽകുവാനായിട്ട് ഞാൻ വരുന്നു എന്ന് കർത്താവ് പറയുന്നു നമുക്ക് നമ്മൾ സി സഭയിലാണ് നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുന്നു എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവം സമാധാനവും സന്തോഷവും നമ്മുടെ ഉള്ളത്തിലില്ല നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ പൗലോസ് താങ്കൾക്ക് ഈ ഒരു ജയിലിറയിൽ കിടന്ന് സന്തോഷിക്കാമെങ്കിൽ താങ്കൾ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എൻ്റെ ബുദ്ധിമുട്ടില്ല എൻ്റെ പ്രയാസങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നാൽ കർത്താവെ അങ്ങ് പറയുന്നത് അങ്ങിൽ സന്തോഷിക്കാനാണ് അങ്ങ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് അങ്ങേക്ക് തെറ്റ് അങ്ങയുടെ ആധിപത്യം അങ്ങയുടെ തോളിലാണ് അങ്ങ് അറിയാതെ എൻ്റെ ഒരു മുടി പോലും പോവുകയില്ല അതുകൊണ്ട് ഞാൻ അങ്ങിൽ സമാധാനമായിരിക്കുന്നു അങ്ങിൽ ഞാൻ സന്തോഷത്തോടെയിരിക്കുന്നു അങ്ങിൽ ഞാൻ സ്വസ്ഥനായിരിക്കുന്നു നമുക്ക് നമ്മൾ വളരെ ലളിതമായ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഒരു സാഹചര്യത്തിലും മുറിപ്പെടാതിരിക്കുക എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ എത്രയും പെട്ടെന്ന് ദൈവം നമുക്ക് വെളിച്ചം തന്ന കാര്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് വ്യക്തിപരമായി ദൈവത്തോട് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അത് വ്യക്തിപരമായി ദൈവത്തോട് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ബന്ധത്തിലുള്ളതാണെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ സഭയിൽ ചെയ്ത പൊതുവെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഏത് സ്വിയറിലാണോ ആ സ്വിയറിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്തി ദൈവത്തോടും മനുഷ്യരോടും ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുക അവസാനമായിട്ട് നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യം സാഹചര്യങ്ങൾ ഏത് ഏതുമായിക്കൊള്ളട്ടെ അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഇച്ഛവെച്ച് കർത്താവെ ഞാനിപ്പോൾ അങ്ങിൽ ഞാൻ സന്തോഷിക്കും അങ്ങിൽ ഞാൻ ആനന്ദിക്കും നമ്മൾ ഹഗായിയുടെ പുസ്തകത്തിലല്ലേ അവസാന ഭാഗത്ത് അത് പറയുന്നത് അത്തി അത്തിവരം ഹ സോറി ഹബക്കുക്ക് ഹബക്കുക്കിൻ്റെ അവസാന അധ്യായത്തിൽ ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടാവുകയില്ല എൻ്റെ അത്തി അത്തിയിൽ ഫലങ്ങൾ ഉണ്ടാവുകയില്ല എങ്കിലും ഞാൻ ഹോവയിൽ ഞാൻ സന്തോഷിക്കും നാം ബോധപൂർവ്വം ഇച്ഛവച്ച് ഞാൻ ആ വഴിയെ പോകും നമുക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ ആത്മീയമായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും കർത്താവ് നമുക്ക് വാഗ്ദം ചെയ്യുന്ന അനുഭവ ദൈവം നമ്മെ സഹായിക്കട്ടെ പല ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിലും നമുക്ക് ഈ കാലാളുകൾ ഇപ്പോൾ നമ്മൾ കാലാളുകളോടു കൂടിയാണ് ഓടുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അതൊരു അനുഭവവേദ്യമാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു എങ്കിൽ നമുക്കത് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അന്യോന്യം ആ രീതിയിൽ ഉത്സാഹിപ്പിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുള്ള കുതിരകളോടുകൂടെ ഓടേണ്ട സാഹചര്യം വരുമ്പോൾ ആ സമയത്തും നമുക്ക് പതരാതെ ഇടറി വീഴാതെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമേ